രോമലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ എന്ന് അവിടെ ഒരു പ്രയോഗമുണ്ട് പോലീസ് പറയുമ്പോൾ അപ്പോൾ നമുക്ക് രൂപാന്തരം അല്ലെങ്കിൽ നമ്മുടെ അവസ്ഥയ്ക്ക് വ്യത്യാസം നമ്മുടെ ജീവിതത്തിന് വ്യത്യാസം ഉണ്ടാകണമെങ്കിൽ ആദ്യം വ്യത്യാസം വരേണ്ടത് നമ്മുടെ മനസ്സിനാണ് മനസ്സിനാണ് ഒരു പുതുക്കം വരേണ്ടത് മനസ്സിന് പുതുക്കിയാണ് നമുക്ക് രൂപാന്തരം ഉണ്ടാവുന്നത് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു വ്യത്യാസം ഉണ്ടാകാൻ വേണ്ടിയാണ് നമുക്ക് ഈ ദൈവവചനങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് നമ്മുടെ ചിന്തകൾക്ക് വ്യത്യാസം വരുന്ന ആ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് ദൈവം തരികയാണ് ദൈവം നമുക്ക് നൽകുകയാണ് അപ്പോൾ തന്നെ നമ്മൾ ദൈവവചനത്തിൽ വായിക്കുന്നുണ്ട് ഒരു ആകാശത്തിലെ പറവയെക്കുറിച്ച് ആകാശത്തിലെ പറവയുടെ ഉദ്ദേശം എന്താണ് ആകാശത്തിലെ പറവ ഈ നല്ല ചിന്തകളെ ഈ ദൈവവചനത്തെ അല്ലെങ്കിൽ നല്ല ചിന്തകളെയൊക്കെ നമ്മളിൽ നിന്നും എടുത്തു കളയാനാണ് പിശാജിൻ്റെ താല്പര്യം നല്ല ചിന്തകൾ നമ്മുടെ മനസ്സിൽ നിന്ന് എടുത്തു കളയാൻ പിശാജ് ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ നമ്മൾ പിശാജ് മറ്റൊന്ന് ചെയ്യുന്നത് നല്ല ചിന്തകളെ എടുത്ത് മാറ്റുക മാത്രമല്ല തെറ്റായ ചിന്തകളെ വിതയ്ക്കാനും അവൻ ശ്രമിക്കുന്നുണ്ട് നമ്മൾ വിതയ്ക്കുന്നതിൻ്റെ ഉപമയെക്കുറിച്ച് വായിക്കുമ്പോൾ അവിടെ വന്ന് കള വിതയ്ക്കുന്ന ഒരു ശത്രുവിനെക്കുറിച്ച് നമ്മളവിടെ വായിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് തെറ്റായ ചിന്തകളെ കൊണ്ടുവരിക നമ്മുടെ മനസ്സിൽ നിന്നുള്ള നല്ല ചിന്തകൾ ദൈവവചനത്തെ ഒക്കെ എടുത്ത് മാറ്റുക ഇതാണ് പിശാച ശ്രമിക്കുന്നത് നമുക്ക് ഈ പുതിയ വർഷം നമ്മളിന്ന് കേട്ട ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ മനസ്സിലേക്ക് ഉയർന്നു വരുന്ന തെറ്റായ ചിന്തകൾ കർത്താവ് അത് നമ്മുടെ മനസ്സിൽ ഉള്ള തെറ്റായ ചിന്തകൾ വരുമ്പോൾ അതിനെ തിരസ്കരിക്കാനും കളയാനും നമ്മുടെ മനസ്സിലേക്ക് നല്ല ചിന്തകളെ കൂടുതൽ കൂടുതൽ കൊണ്ടുവരുവാനും ദൈവം നമ്മെ കൂടുതലായിട്ട് സഹായിക്കട്ടെ നമ്മൾ പല കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് കേൾക്കുകയുണ്ടായി നമ്മുടെ ഉള്ളത്തിൽ ഞാനും അവിടെ ഇരുന്ന് പെട്ടെന്ന് ഞാനും ചിന്തിക്കുകയായിരുന്നു നമ്മുടെ ഹൃദയത്തിൽ പെട്ടെന്ന് ഒത്തിരി കാര്യങ്ങളല്ല നിങ്ങളൃദയം അതൊരു പറഞ്ഞു ഹൈ തോട്ട്സ് ഉന്നത ചിന്തകൾ നമ്മുടെ ഹൃദയത്തെ പൊങ്ങി വരും അപ്പോൾ ഉന്നത ചിന്തകൾ പൊങ്ങി വരുമ്പോൾ കൊച്ച് കൊച്ചു കാര്യം ഒരു സാക്ഷ്യം പറഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ എൻ്റെ എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ സാക്ഷ്യം അത് അല്ലെങ്കിൽ ഞാൻ പാടിയത് പാട്ട് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ കാര്യം ഒരു ഒരു ചെറിയ കാര്യം ചെയ്താലും നമ്മൾ നമ്മളെക്കുറിച്ചുള്ള ഇങ്ങനെ അത് ധ്യാനിച്ചുകൊണ്ടിരിക്കും മെഡിറ്റേറ്റ് ചെയ്ത് അതിനെക്കുറിച്ചുള്ള ഉന്നത ചിന്തകൾ നമ്മുടെ അത് ചെറിയൊരു കുക്കിങ് ആകട്ടെ അല്ലെങ്കിൽ നമ്മൾ ചെയ്തൊരു കൊച്ചു കാര്യത്തിലും നമുക്ക് നമ്മളെക്കുറിച്ചുള്ള ഉന്നത ചിന്ത ഇങ്ങനെ ഉള്ളിൽ പൊങ്ങിക്കൊണ്ടിരിക്കും അതിന് പകരം നമുക്ക് എളിയ ചിന്തകൾ ലോ തോട്ട്സ് എളിയ ചിന്തകൾ നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കാം കർത്താവേ ഞാൻ ഇന്ന് നന്നായിട്ട് ചെയ്തോ ചെയ്തെങ്കിൽ അത് അങ്ങയുടെ കരുണേയാണ് ഇന്ന് ഓരോ കാര്യത്തിനും കർത്താവെ അങ്ങ് സഹായിച്ചിട്ടല്ലാതെ എനിക്ക് എന്തുള്ളൂ ലഭിച്ചല്ലാതെ എനിക്ക് എന്തുള്ളൂ ആ ചിന്തകൾ നമുക്ക് താലോലിക്കുക ഓരോ പ്രാവശ്യവും അതുപോലെ നിരാശപ്പെടുന്ന ചിന്തകൾ നിരാശപ്പെടുത്തുന്ന ചിന്തകൾ പലപ്പോഴും വരും ചെറുപ്പക്കാർക്കും ഒക്കെ ഞാൻ എന്നാലും എനിക്കിങ്ങനെ പറ്റിപ്പോയി നിരാശപ്പെടുന്ന ചിന്തകൾക്ക് എപ്പോഴും നമ്മൾ നിരാശപ്പെടുന്ന ചിന്തകൾ വരുമ്പോൾ അതിന് ദൈവത്തിലുള്ള വിശ്വാസത്തിൻ്റെ ചിന്തകൾ ആശ്രയത്തിൻ്റെ ചിന്തകൾ കർത്താവെ ഞാൻ തോറ്റു ശരിയാണ് പക്ഷേ അങ്ങയുടെ രക്തം എന്നെ കഴുകി ശുദ്ധീകരിക്കും ഞാൻ കർത്താവിൽ ഞാൻ ആശ്രയിക്കുന്നു കർത്താവിൽ ഞാൻ ചാരുന്നു കർത്താവ് എന്നെ മുമ്പോട്ട് നടത്തും വിശ്വാസത്തിൻ്റെ ചിന്തകൾ എൻകറേജിങ് തോട്ട്സ് അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും വരുന്നതാണ് തോട്ട്സ് ഓഫ് സെൽഫ് പിറ്റി അല്ലെങ്കിൽ എന്താണ് എനിക്കിന്നാലും എന്നെ എനിക്കിങ്ങനെ പറ്റിയല്ലോ എന്നാലും എന്നെ എൻ്റെ എൻ്റെ വേദന എൻ്റെ പ്രയാസം ആരും എന്നെ കണ്ടില്ല ആരും എന്നെ ഒന്നും സന്ദർശിച്ചില്ല ആരും എന്നെ ഒന്ന് ഫോണിൽ വിളിച്ചുപോലുമില്ല ആരും എന്നെ ഒന്ന് വിസിറ്റ് ചെയ്തില്ല ഇതെന്താണ് നമ്മെക്കുറിച്ച് തന്നെയുള്ള സ്വയസഹതാപത്തിൻ്റെ ചിന്തകൾ ഈ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ അതിന് പകരം അങ്ങനെയല്ല കർത്താവ് നീ മതിയായവനാണ് ഈ സാഹചര്യത്തിൽ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ഭർത്താവിനെ അങ്ങ് തന്നിട്ടുണ്ടല്ലോ എൻ്റെ ഭാര്യയെ അങ്ങ് തന്നിട്ടുണ്ടല്ലോ എൻ്റെ എന്നെ കരുതുന്ന കുഞ്ഞുങ്ങൾ എനിക്കുണ്ടല്ലോ എനിക്ക് എന്തൊക്കെ കാര്യങ്ങളുണ്ട് അതിന് പകരം എനിക്കില്ലാത്ത പല കാര്യങ്ങളെക്കുറിച്ച് ഞാൻ എന്തിനാ ഈ സ്വയസഹതാപത്തിൻ്റെ ഒരു തടവറയിലായിരിക്കുന്നത് അങ്ങ് എനിക്ക് മതിയായവനാണ് അങ്ങ് എനിക്ക് നല്ലവനാണ് ഈ ചിന്തകൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക ദൈവത്തിലുള്ള ട്രസ്റ്റിൻ്റെ വിശ്വാസത്തിൻ്റെ ചിന്തകൾ അതുപോലെ അസൂയയുടെ ചിന്തകൾ ചിലപ്പോൾ കയറി വരും ഇങ്ങനെ പിശാജി കൊണ്ട് വിതയ്ക്കും അസൂയയുടെ ചിന്തകൾ ആ അവനൊരാൾക്ക് നന്മ വരുമ്പോൾ അത് കണ്ട് പുള്ളിക്ക് അങ്ങനെ വന്നല്ലോ ഉള്ളിൽ എന്തോ ഒരു വിമിഷ്ടം പോലെ അതിന് പകരം സന്തോഷത്തിൻ്റെ ചിന്തകൾ എൻ്റെ സഹോദരൻ അദ്ദേഹം അനുഗ്രഹിക്കപ്പെടുന്നു ദൈവത്തിൻ്റെ സ്തോത്രം അല്ലെങ്കിൽ നമ്മുടെ ജോലിയിൽ ഉള്ള എൻ്റെ കൊളീഗിനൊരു പ്രൊമോഷൻ കിട്ടി ആ വ്യക്തിക്ക് ഒരു പ്രമോഷൻ കിട്ടി ഒരു ഒരു നല്ല തുറവിയോടെ കൺഗ്രാച്ചുലേഷൻസ് നല്ലത് അതിൽ സന്തോഷിക്കുക നമുക്ക് ദൈവത്തിലുള്ളൊരു സുരക്ഷിതത്വം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ നമുക്കുള്ളതൊന്നും ആരും എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല നമുക്കുള്ളതൊന്നും നമുക്ക് നഷ്ടപ്പെടുകയില്ല ദൈവം മതിയായവനാണ് ദൈവം സകലത്തിനും റൂൾ ചെയ്യുന്നവനാണ് എനിക്ക് ദൈവത്തിൽ നമുക്ക് സുരക്ഷിതത്വം ഉണ്ടെങ്കിൽ നമുക്ക് അസൂയപ്പെടേണ്ട ആവശ്യമില്ല നിരാശപ്പെടേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ നമ്മുടെ മനസ്സിൽ എപ്പോഴും ലസ്ഫുൾ തോട്ട്സ് അത്യാഗ്രഹത്തിൻ്റെ ചിന്തകൾ മോഹത്തിൻ്റെ ചിന്തകൾ അത് വസ്തുക്കളെ കുറിച്ചായിരിക്കാം പണത്തെക്കുറിച്ചായിരിക്കാം വ്യക്തികളെക്കുറിച്ചായിരിക്കാം ഇങ്ങനെയുള്ള ചിന്തകൾ മനസ്സിലേക്ക് കയറി വരുമ്പോൾ അതിനു പകരം കർത്താവേ അത് വേണ്ട അത് തെറ്റാണ് ശുദ്ധ ചിന്തകൾ ഹൃദയത്തിൽ താലോലിക്കുവാൻ നമ്മെ ഈ വർഷം കൂടുതലായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ ആംഗ്രി തോട്ട്സ് കോപത്തിൻ്റെ ചിന്തകൾ ഒരു വ്യക്തിയെക്കുറിച്ച് ഇങ്ങനെ ചിലപ്പം പറയാറുണ്ട് നടന്ന് പോകുമ്പോൾ ഇങ്ങനെ ആൾക്കാർ ചിലപ്പം നടന്നു പോകുമ്പോൾ പെട്ടെന്ന് കൈ ഒക്കെ ഇങ്ങനെ പെട്ടെന്ന് ആരെങ്കിലും കണ്ടോ തിരിഞ്ഞു നോക്കുകയും ഒക്കെ ചെയ്യുന്നു ചിലപ്പം നമ്മളങ്ങനെ ഈ ഉള്ളിലിങ്ങനെ ഇട്ട് ഉരുട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഉള്ളിൽ ആ പുള്ളി അങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ആ ചിന്തകൾ ഇങ്ങനെ ആരും അടുത്ത ആളില്ല അതുകൊണ്ട് ഇങ്ങനെ ഒരു ആക്ഷനിലൂടെ നമ്മൾ ഉള്ളിൽ അങ്ങനെയുള്ള ദേഷ്യത്തിൻ്റെ ചിന്തകൾ വരുമ്പോൾ അതിന് പകരം ക്ഷമയുടെ സ്നേഹത്തിൻ്റെ ചിന്തകൾ നമുക്ക് താലോലിക്കാം അതുപോലെ നമുക്കെപ്പോഴും നമ്മളെക്കുറിച്ച് തന്നെയാണ് സ്വാർത്ഥ ചിന്തകൾ സ്വാർത്ഥ ചിന്തകൾ എപ്പോഴും ഇങ്ങനെ വരും നമ്മളെക്കുറിച്ച് എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് വരുമ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ ആവശ്യങ്ങളിൽ മറ്റുള്ളവർ നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ ഒരു പ്രശ്നങ്ങളിൽ മറ്റുള്ളവർ നമ്മളെ ഫോൺ വിളിച്ച് നമ്മെ ആശ്വസിപ്പിക്കുന്നത് ഇതൊക്കെ വേണം എന്നുള്ള ചിന്തകൾ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട് എന്നാൽ മറ്റൊരു വ്യക്തിയെക്കുറിച്ച് കേൾക്കുമ്പോൾ അവിടെ അവിടുത്തെ എന്തെങ്കിലും ഒരു അവിടെ എന്തെങ്കിലും ഞാൻ എന്തെങ്കിലും സഹായിക്കാനുണ്ടോ എനിക്കെന്തെങ്കിലും സാമ്പത്തികമായിട്ട് സഹായിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ എനിക്ക് ആ വ്യക്തിയെ ഒരു ഒരു ഫോൺ വിളിച്ചൊന്ന് ഉത്സാഹിപ്പിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുമോ ഈ തരത്തിൽ നമ്മളെ സ്വാഭാവികമായിട്ട് നമുക്ക് ചിന്തിക്കാൻ നമുക്ക് കഴിയാറില്ല പക്ഷേ നമുക്ക് ബോധപൂർവം ഈ ഒരു പുതിയ വർഷം നമുക്ക് ആ രീതിയിൽ സ്വാർത്ഥ ചിന്തകൾക്ക് പകരം മറ്റുള്ളവരെ കൺസേണുള്ള ചിന്തകൾ മറ്റുള്ളവരെ കുറിച്ച് നമ്മുടെ ഹൃദയത്തിൽ ഒരു കൺസേൺ ഉള്ള ചിന്തകൾ ദൈവം കൂടുതലായിട്ട് നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടുവരട്ടെ നമ്മൾ നമുക്കൊക്കെ ചിലപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ എപ്പോഴും നല്ല ചിന്തകളല്ല വരുന്നത് ചിലപ്പോൾ തെറ്റായ ചിന്തകളായിരിക്കാം നമ്മുടെ ഹൃദയത്തിൽ വരുന്നത് ഞാൻ എപ്പോഴും ഇങ്ങനെ ചിന്തിക്കാറുണ്ട് നമ്മളൊരു നമുക്ക് ഒരു മരം നമ്മളീ കള വിത്ത് വിതയ്ക്കുന്നതിനെ അത് വളർന്ന് ഫലം കായ്ക്കണമെന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം അപ്പം നമ്മൾ ഒരു മോശം ഒരു കള വളർന്നിങ്ങനെ അത് മോശം വൃക്ഷമായിട്ട് ഇങ്ങനെ വളർന്നു വരുന്നു നമ്മൾ കാണുന്നു അപ്പോൾ കാണുമ്പോൾ മുള്ളും ഒക്കെ ഉണ്ട് അതിൽ അതിൻ്റെ അടുത്ത് ചെന്നിട്ട് അടുത്ത് ചെന്ന് നമ്മളതിന് ഇങ്ങനെ കിളച്ച് അവിടെ കൊണ്ട് വെള്ളമൊഴിക്കുകയും അവിടെ കൊണ്ട് വളമിടുകയും നമ്മൾ ചെയ്യരുത് അങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്ക് തെറ്റായ ഇങ്ങനെ ചില ചിന്ത നമ്മൾ വരുമ്പോൾ നമുക്കറിയാതെ അതിനെ താലോലിക്കാനുള്ളൊരു പ്രവണതയുണ്ട് അവിടെ കുറച്ച് വെള്ളമൊഴിച്ച് അവിടെ വളമിട്ട് ആ ചിന്തയെ കുറച്ചുകൂടെ വളർത്തിക്കൊണ്ട് വരുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ പാപവും ആ ചിന്തയോട് സഹകരിച്ച് പിശാചിനോട് നമ്മൾ സഹകരിക്കുന്നു അപ്പോൾ അങ്ങനെയുള്ള ചിന്ത വരുമ്പോൾ അങ്ങനെയുള്ള ഒരു ആ വൃക്ഷത്തിൻ്റെ അടുത്ത് നമ്മൾ വന്നു പെട്ടെന്ന് വന്നപ്പോൾ നമുക്കൊരുപക്ഷെ പെട്ടെന്നാണ് റിയലൈസ് ചെയ്തത് ഇതെന്നെ നശിപ്പിക്കുന്ന ഒരു പടുവൃക്ഷമായിട്ട് വളർന്നു തന്നെ നശിപ്പിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എനിക്ക് വേരോടെ പിഴുതുകളയാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല എൻ്റെ ഒരു കമ്പ് വെട്ടിക്കളയാം ഒരു കമ്പ് ഞാൻ വെട്ടിക്കളയുന്നു കുറെ കഴിയുമ്പോൾ അതിൻ്റെ ശാഖകൾ വെട്ടി വെട്ടി കുറേ കഴിയുമ്പോൾ കുറേ നാളുകൾ ജീവിതത്തിൽ വെള്ളമൊഴിച്ച് വളർത്തിക്കൊണ്ട് വന്ന് ആ ചെടിയുടെ വേറെ അടിയിലേക്ക് ആഴത്തിലേക്ക് പോയിട്ടുണ്ടാവും ഒറ്റയടിക്കൊരുപക്ഷെ പിഴുന്ന് കളയുവാനായിട്ട് കഴിഞ്ഞതുവരില്ല എന്നാൽ ഞാൻ എൻ്റെ ശാഖകൾ വെട്ടുമ്പോൾ വെട്ടി വെട്ടി വെട്ടി വെട്ടി ശാഖകൾ വെട്ടി കഴിയുമ്പോൾ വേരൻ്റെ ശക്തി കുറയും കുറേ കഴിയുമ്പോൾ അത് പറിച്ചു കളയുവാനായിട്ട് കഴിയും നമുക്ക് ആ രീതിയിൽ ഈ വർഷം വരുന്ന ദിവസങ്ങളിൽ തെറ്റായ ചിന്തകൾക്ക് വെള്ളമൊഴിക്കാനും വളമിടാനും നമ്മൾ മെനക്കെടാതെ നമ്മെ സംബന്ധിച്ചോളം നമുക്ക് നല്ല ചിന്തകൾക്ക് വളമിടാനും നല്ല ചിന്തകൾക്ക് വെള്ളം തെറ്റായ ചിന്തകളുടെ ശാഖകളെ വെട്ടിക്കളയുവാനും ദൈവം ഈ വരുന്ന വർഷം നമ്മെ സഹായിക്കട്ടെ ആ രീതിയിൽ നമുക്ക് നമ്മുടെ മനസ്സിന് രൂപാന്തരവും മനസ്സിന് പുതുക്കവും നമുക്ക് രൂപാന്തരവും കൂടുതലായിട്ട് ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകട്ടെ നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം നമുക്ക് ഈ പറയുമ്പോൾ എനിക്കും എൻ്റെ ജീവിതത്തില് ഈ പല കാര്യങ്ങൾ ഞാൻ കാണുന്നു നിങ്ങളുടെ ജീവിതത്തിലും പല കാര്യങ്ങൾ ദൈവം ഇന്ന് നമ്മോട് സംസാരിച്ചു നിങ്ങൾ കാണുന്നു കർത്താവേ ഞാൻ കഴിഞ്ഞ നാളുകളിൽ വെള്ളമൊഴിച്ച് വളമിട്ടുകൊണ്ടിരുന്ന തെറ്റായ പല ചിന്തകളുണ്ട് കർത്താവെ അതെന്നെ വിട്ട് നീങ്ങിപ്പോകണം കർത്താവെ ഞാൻ അതിനെ വെറുക്കട്ടെ ഞാൻ അതിൻ്റെ ശാഖകളെ വെട്ടിക്കളയട്ടെ എന്നാൽ മാത്രമേ അതിനെ വേരോടെ പിഴുതുകളയുവാനായിട്ട് കഴുകുകയുള്ളൂ നമുക്ക് ആ രീതിയിൽ നമുക്ക് ആഗ്രഹിച്ച് ദൈവത്തിന് മുമ്പാകെ നമ്മെ തന്നെ സമർപ്പിക്കാൻ നമുക്ക് എഴുന്നേറ്റ് നിൽക്കുകയും നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം